ം ഏഴ് എനിക്ക് അയ്യോ കഷ്ടം പഴം പറിച്ച ശേഷമെന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാലാപ്പിറുക്കുന്നത് പോലെയും ഞാനായല്ലോ തിന്മാൻ ഒരു മുന്തിരിക്കൊലയും ഇല്ല ഞാൻ കുതിക്കുന്ന അത്തിയുടെ തലപ്പഴവും ഇല്ല ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു ഓരോരുത്തൻ താൻ തന്റെ സഹോദരനെ വലവെച്ചു പിടിപ്പാൻ നോക്കുന്നു ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു പ്രഭു പ്രതിഫലം ചോദിക്കുന്നു ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു മഹാൻ തന്റെ മനസ്സിലെ ുരാഗ്രഹം പ്രസ്താവിക്കുന്നു ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു അവരിൽ ഉത്തമൻ മുൾപ്പടർപ്പുപോലെ നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു ഇപ്പോൾ അവരുടെ പരിഭ്രമം വന്നുഭവിക്കും കൂട്ടുകാരനെ വിശ്വസിക്കരുത് സ്നേഹിതനിൽ ആശ്രയിക്കരുത് നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കഥക് കാത്തുകൊള്ളുക മകനപ്പനെ നിന്ദിക്കുന്നു മകളമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്ത് നിൽക്കുന്നു മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ അവനെന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും എന്റെ ശത്രു അത് കാണും നിന്റെ ദൈവമായ ഹോവ എവിടെ എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും എന്റെ കണ്ണ് അവളെ കണ്ട് രസിക്കും അന്ന് അവളെ വീഥികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു അന്നാളിൽ നിന്റെ അതിർ അകന്നുപോകും അന്നാളിൽ അശൂരിൽ നിന്നും മിശ്രയും പട്ടണങ്ങളിൽ നിന്നും മിശ്രയും മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ എടുക്കൽ വരും എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവർത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീരും കർമേലിന്റെ മധ്യയെ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കൊൽക്കൊണ്ട് മേയിക്കേണമേ പുരാതന കാലത്തെന്ന പോലെ അവർ ബാഷാനിലും ഗലയാതിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ നീ മിശ്രയും ദേശത്തുനിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും അവർ വായ്മേൽ കൈവെക്കിയും ചെകടരായി തീരുകയും ചെയ്യും അവർ പാമ്പുപോലെ പൊടി നക്കും നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ട് വരും അവർ പേടിച്ചും നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ അവൻ എന്തേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല ദയലല്ലോ അവന് പ്രസാദമുള്ളത് അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്നു നിന്റെ വിശ്വസ്ഥത നീ യാക്കോബിനോടും നിന്റെ ദയാ അബ്രഹാമിനോടും കാണിക്കും